പ്രിയപ്പെട്ടവരെ നമ്മൾ രണ്ട് സൗകര്മാരെ സംസാരിക്കുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ എന്തോ ഈ പ്രിയപ്പെട്ടവരൊക്കെ പറഞ്ഞത് ഇവരെന്നാ ഈ പറഞ്ഞത് നമ്മൾ സത്യത്തെ നമുക്ക് അധികം കാര്യങ്ങളൊന്നും പറയാനില്ല പറഞ്ഞ കാര്യങ്ങളൊക്കെയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചും ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ചും പറയുമ്പോൾ പിന്നെ നമുക്കെന്തില്ല നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ഒരു പ്രശംസയൊന്നും ഇല്ല ഇല്ല രണ്ട് മാർഗങ്ങളാണ് ഈ ലോകത്തുള്ളത് മതത്തിൻ്റെ പേരിൽ ഒന്ന് കർമ്മമാർഗം നമ്മുടെ മുസ്ലിം സോഹന്മാർ അവർക്കെന്താ അവർക്ക് പല കാര്യങ്ങളുണ്ട് അവർ അഞ്ച് കാര്യങ്ങൾ ചെയ്താലേ അവരെന്ത് ചെയ്യുള്ളൂ അവർക്ക് സുഗതി പോകാനൊക്കെ ഉള്ളൂ നിസ്കരിക്കണം ഹജ്ജിന് പോകണം ഇങ്ങനെ ഒരു അഞ്ച് കാര്യങ്ങൾ അവർ ചെയ്യണം കർമ്മമാർഗമാണ് കർമ്മമാർഗം എന്നാൽ കർമ്മമാർഗത്തിൽ എപ്പോഴും എന്തുണ്ട് കർമ്മം ചെയ്യുന്ന ആൾക്കൊരു പ്രശംസയുണ്ട് നമ്മളെ ദൈവം എന്ത് ചെയ്തു ഈ കർമ്മമാർഗത്തിൽ നിന്ന് വിശ്വാസത്തിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്നു നമ്മളിന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളതെല്ലാം എന്താ ദൈവത്തിൻ്റെ കൃപയാ ദൈവം നമ്മെ സ്നേഹിച്ചു നമ്മളെ അങ്ങനെ രക്ഷിച്ചു നമ്മളെ സൗജന്യമായിട്ട് നീതീകരിച്ചു സൗജന്യമായിട്ട് നോക്കി കൃപ തന്നു നമ്മളെ മുന്നോട്ട് നടത്തുന്നു ഇതെല്ലാം പറഞ്ഞെല്ലാം വരുമ്പോൾ അവസാനം എന്താ എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ് ദൈവത്തിൻ്റെ സ്നേഹമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഈ വെളിപ്പാട് പുസ്തകത്തിലെ ഈ സ്വർഗത്തി പാട്ട് നമ്മളെടുത്ത് പാ എടുത്ത് ചിന്തിക്കാറുള്ളു സ്വർഗത്തി പാട്ടുണ്ട് അവിടെയും പാട്ടുണ്ട് അവിടുത്തെ പാട്ടെന്താ കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രങ്ങളിലും ഭാഷകളിലും വംശങ്ങളിലുള്ളവരെ വിലയ്ക്ക് വാങ്ങി എന്തൊരു പുതിയ പാട്ടാണ് പാടുന്നു എന്നാൽ അതിൻ്റെ കൂടെ നമ്മൾ വലിയവർ വരുന്ന എന്തോ ഇതേനെയും കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു നിൻ്റെ രക്തം കൊണ്ട് ഗോത്രങ്ങളിലും ഭാഷകളിലും ഉള്ളവരെ വിലയ്ക്ക് വാങ്ങി ഞാനും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഏ കുട നിൽക്കുമ്പോൾ എനിക്കും അതിനോട് പ്രതികരിക്കാൻ ഒരു ദൈവം നമുക്കൊരു പ്രശംസയുണ്ടോ അങ്ങനെ അങ്ങനെയുള്ള പ്രശംസയൊന്നും എവിടെ ഇല്ല നമ്മൾ ഈ കാര്യം കേട്ടു ദൈവത്തിൻ്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞ് ആ വലിയ സ്നേഹത്തോട് നമ്മളുടെ പ്രതികരണം ചേർത്ത് വെക്കുമ്പോൾ നമുക്കൊരു പ്രശംസയും ഇല്ല എല്ലാം ദൈവത്തിൻ്റെ സ്നേഹമാണ് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ രാവിലെ വിവിധ നിലകളിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത് സ്നേഹം കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു ഉത്തമഗീതമാണ് ആ നിലയിൽ സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു ഒരു ചെറിയ പുസ്തകമാണ് പക്ഷേ ദൈവം നമ്മെ സ്നേഹിച്ചതിനെ ഒരു ഭാര്യ ഭർത്തർ ബന്ധത്തോട് ചേർത്ത് അല്ലെങ്കിൽ ഒരു പ്രിയനും പ്രിയയും തമ്മിലുള്ള ഒരു ബന്ധത്തോട് ചേർത്ത് പറയുന്ന ഒരു ചെറിയ പുസ്തകമാണ് ഈ പുസ്തകത്തിൽ അതിൻ്റെ രണ്ടാമത്തെ അധ്യായം നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞത് അതിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ കാന്ത അല്ലെങ്കിൽ സഭ അല്ലെങ്കിൽ നമ്മൾ പറയുക രണ്ടിൻ്റെ പതിനാറ് ഉത്തമഗീതൻ രണ്ടിൻ്റെ പതിനാറ് എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ ഞാൻ അവനുള്ളവൻ കണ്ടോ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ പ്രിയൻ എൻ്റെ പ്രിയൻ ആർക്കുള്ളതാണ് എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ എനിക്കുള്ളവൻ അവൾ പ്രിയനെ അങ് എന്ത് ചെയ്തിരിക്കുന്നു തനിക്കായിട്ട് മാത്രമുള്ള ഒരാളായിട്ട് കാണുക എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ അതിനോടുള്ള പ്രതികരണം അവളുടെ പ്രതികരണം എന്താ ഞാൻ ഞാന് അവനുള്ളവൾ കണ്ടോ തുടക്കം തുടക്കം ആരുടെ ഭാഗത്തു നിന്നാണ് വന്നത് പ്രിയൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് പ്രിയൻ എന്ത് ചെയ്തു പ്രിയൻ തന്നെ തന്നെ ഇവൾക്കായിട്ട് കൊടുത്തു കൊടുത്തു അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് എന്ത് ചെയ്യാതിരിക്കാൻ ഒക്കെ ഇല്ല തന്നെ തന്നെ പ്രിയനായിട്ടും കൊടുക്കാതിരിക്കാനായിട്ട് കഴിയില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് ചിന്തിക്കുക നമ്മൾ ദൈവമാണ് നമ്മളെ ഒന്നാമത് സ്നേഹിച്ചത് താന് നമുക്കായിട്ട് തന്നെ തന്നെ തന്നു നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ ഈ ലോകത്ത് ഈ ലോകത്തെ മുഴുവൻ സ്നേഹിച്ചു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഈ ലോകത്ത് നമ്മൾ ഒരു പാപിയെ ഉണ്ടായിരുന്നുള്ളെങ്കിലും നമുക്ക് കർത്താവ് എന്ത് ചെയ്യുമായിരുന്നു കർത്താവ് ക്രൂശില് വന്ന് മരിക്കുമായിരുന്നു എൻ്റെ പ്രിയൻ എനിക്ക് ഉള്ളവനാണ് അവൻ തന്നെ തന്നെ നമുക്കായിട്ട് ഈ ഒരു വ്യക്തിപരമായ ഒരു സ്നേഹബന്ധത്തെക്കുറിച്ചൊരു നമുക്കൊരു ഒരു ബോധ്യമുണ്ടാവണം ഇല്ലെങ്കിൽ നമുക്ക് ഈ ക്രിസ്തീയ ജീവിതമൊക്കെ ഒത്തിരി ഭാരപ്പെട്ടതായി തീരും യേശു എന്നെ സ്നേഹിക്കുന്നു നമ്മളെല്ലാ വീട്ടിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ഗോഡീസ് ലവ് ഗോഡീസ് ലവ് എന്തു ഈ പറയുന്നത് ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു ആ കൂട്ടത്തിൽ എന്നെയും കൂടെ സ്നേഹിച്ചു എന്നുള്ളതല്ല മറിച്ച് എന്നെ വ്യക്തിപരമായിട്ട് യേശു സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്കൊരു വെളിപ്പാടായിട്ട് ലഭിക്കണം ഇവിടെ ഇതാ ആ കാന്ത പറയുന്നു അവൾ പറയുന്നത് എന്താ എൻ്റെ പ്രിയൻ എനിക്കുള്ളവന് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി വന്നവന് ഒന്ന് യോഹന്നെ നാലാമധ്യായത്തിൽ നമ്മൾ ആ കാര്യം കാണുന്നുണ്ടല്ലോ നാലാമധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം നാം ദൈവത്തെ സ്നേഹിച്ചതല്ല അവൻ നമ്മെ സ്നേഹിച്ചു ദൈവം നമ്മെ സ്നേഹിച്ചു ദൈവം വലിയവനായ ദൈവം തന്നെ തന്നെ നമുക്ക് വേണ്ടി മാറ്റിവെച്ചു അങ്ങനെ ആ ദൈവസ്നേഹത്തെ നമ്മൾ കണ്ടു കഴിയുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാനൊക്കെ ഉള്ളൂ ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ എന്നുള്ള സമർപ്പണം അവിടുന്നേ വരികയുള്ളൂ രണ്ടോ കണ്ടോ നമ്മൾ ഉത്തരവഹിതൻ രണ്ടിൻ്റെ പതിനാറ് വരുമ്പോൾ ആ വാക്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ എന്ന് പറയുമ്പോൾ ഒരു അവകാശവാദം ഞാന് അവനുള്ളവൾ എന്ന് പറയുമ്പോഴോ അതൊരു അർപ്പണമാണ് ഒരു സമർപ്പണം ദൈവം എന്നെ സ്നേഹിച്ചു എന്നെ വ്യക്തിപരമായിട്ട് തന്നെ ഈ ഞാനെന്തായിരുന്നു സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരാളായിരുന്നു അല്ല അല്ല അല്ല നമുക്കറിയാം അങ്ങനെയുള്ള നമ്മളെ ദൈവം സ്നേഹിച്ചു ആ സ്നേഹത്തോടുള്ള ഒരു പ്രതികരണമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ആ നിലയിൽ മുന്നോട്ട് പോയാലേ നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് മടുപ്പിക്കുന്ന ഒന്നല്ലാതായിരിക്കുകയുള്ളൂ ദിനംതോറും ആ കർത്താവിൻ്റെ നമ്മളെ സ്നേഹിച്ച ആ പ്രാണപ്രിയൻ്റെ സ്നേഹത്തെ കൂടുതൽ കൂടുതൽ അനുഭവിച്ചറിയാനും അവനെ കൂടുതൽ സ്നേഹിക്കാനും അതാ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആകെത്തുക ക്രിസ്തീയ ജീവിതമെന്ന് പറഞ്ഞാൽ എന്താ അതൊരു സ്നേഹത്തിൻ്റെ ഒരു ബന്ധമാണ് അവൻ്റെ സ്നേഹത്തെ പ്രിയൻ എനിക്കുള്ളവൻ എന്നുള്ളത് കൂടുതൽ കൂടുതൽ നമ്മൾ ജീവിത സാഹചര്യങ്ങളോട് ചേർത്ത് മനസ്സിലാക്കണം മനസ്സിലാക്കണം നമ്മുടെ പ്രാർത്ഥനകൾ അവൻ കേൾക്കുന്നു ചില പ്രാർത്ഥനകൾക്ക് എന്താ ചില പ്രാർത്ഥനകൾക്ക് യേസെന്നായിരിക്കുകയില്ല മറുപടി നമ്മളീ പലപ്പോഴും പറയാറുണ്ടല്ലോ ട്രാഫിക് ലൈറ്റ് പോലെ ദൈവത്തിൻ്റെ മറുപടി എന്താ ചിലപ്പം ഗ്രീന പച്ചയാണ് യെസ് പോകാം ചിലപ്പോഴോ ചിലപ്പോൾ ചിലപ്പോഴോ മഞ്ഞ ലൈറ്റ് കെത്തും മഞ്ഞ ലൈറ്റ് കെത്തുമ്പോൾ എന്താ പോകാം പക്ഷേ ഒന്ന് വെയിറ്റ് ചെയ്യണേ ഒന്ന് പോകാം പക്ഷെ വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞാൽ ചിലപ്പോഴും ചിലപ്പോൾ ചുവപ്പാണ് ചുവപ്പെന്ന് വെച്ചാൽ എന്താ പോകാനൊക്കെ പ്രിയപ്പെട്ടവരെ ഈ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് കത്തുന്ന ഈ ട്രാഫിക് ലൈറ്റ് ആരാ നിയന്ത്രിക്കുന്നത് ദൈവമാസ് നിയന്ത്രിക്കുക ഏത് ദൈവം എന്നെ സ്നേഹിക്കുന്ന നിന്നെ സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന വ്യക്തിപരമായി സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി രക്തം ചിന്തിയ നമ്മൾ ഒരാളെ ഉള്ളായിരുന്നെങ്കിലും ഈ ഭൂമിയിലേക്ക് വരുമാരുന്ന ആ കർത്താവ് ആ കർത്താവാണ് ചിലപ്പോൾ നമുക്കെന്ത് ചെയ്യുന്നത് നമുക്കെപ്പോഴും പച്ച ലൈറ്റ് കത്താൻ ആ താല്പര്യം പക്ഷേ പച്ചലൈറ്റല്ല ചിലപ്പോൾ എന്തു ചെയ്യും വെയ്റ്റ് വെയ്റ്റ് മഞ്ഞ കത്തും ചിലപ്പം ചുവപ്പും കത്തും അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമ്മൾ എന്തു വേണ്ട ദൈവത്തിൻ്റെ സ്നേഹത്തെ സംശയിക്കേണ്ട കാരണം ദൈവത്തിന് മുകളിൽ ഇരുന്ന് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പച്ച തന്നാൽ ഇവൻ ചിലപ്പോൾ അത് മൊത്തത്തിൽ ആത്യന്തികമായിട്ട് നമുക്കത് നന്മയ്ക്കായിരിക്കുകയില്ലയെന്നറിയാവുന്നതുകൊണ്ടാണ് ഈ പിതാവിൻ്റെ ചെയ്യുന്നത് ചിലപ്പോൾ ചുവന്ന ലൈറ്റ് കത്തിക്കുന്നു നമുക്കറിയാമല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾ ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നിർബന്ധം പിടിക്കും നിർബന്ധം പിടിക്കുമ്പോൾ നമുക്കറിയാം അവൻ പറയും ആ തീ കൊള്ളി എൻ്റെ കയ്യിൽ താ ഞാനത് കൈ അത് അവൻ്റെ കൈ കൊടുത്താൽ അത് അവന് പ്രയോജനമില്ല അവൻ്റെ കൈ പൊള്ളി പോകുമെന്ന് അറിയാവുന്നതുകൊണ്ട് പിതാവായ നമ്മൾ എന്തു പറയും നോ എന്ന് പറയും അത് സ്നേഹത്തിലല്ലേ പറയുന്നത് സ്നേഹത്തിലാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ കൂടുതൽ കൂടുതൽ പച്ചലൈറ്റ് കത്തുമ്പോഴും മഞ്ഞ കത്തുമ്പോഴും ചുവപ്പ് കത്തുമ്പോഴും അതിനെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കിയും ഉൾക്കൊണ്ടും നമ്മൾ മുന്നോട്ട് പോകണം ഒന്ന് മറുവശത്തോ മറുവശത്ത് നമ്മുടെ സ്നേഹം കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരണം ഇന്നലേക്കാൾ ുള്ളതിനേക്കാൾ ഒരു പടിയുടെ സ്നേഹത്തിൽ കർത്താവിൻ്റെ അടുത്തേക്ക് നടന്ന് ഓരോ ചുവടും വെച്ച് വേണം ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രോഗ്രസ് ഇതില്ലെങ്കിൽ നമ്മുടെ ജീവിതം ക്രിസ്തീയ ജീവിതം ആ നിലയിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ മുന്നോട്ട് പോകുകയില്ല ഇവിടെ ഇതാ ഇവള് പറയുന്നു അവൾ പറയുന്നു എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ അവൻ്റെ സ്നേഹത്തെ അവൾ മനസ്സിലാക്കി ഞാനല്ല സ്നേഹിച്ചത് എൻ്റെ പ്രിയൻ എന്നെ ഒന്നാമത് സ്നേഹിച്ചു എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ മറുവശത്ത് അതിനോടുള്ള ഒരു പ്രതികരണം അതിനോടുള്ള ഒരു റിയാക്ഷൻ ഞാൻ അവനുള്ളവൾ ഞാനവനുള്ളവൾ ഈ ഒരു പദപ്രയോഗം എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ ഞാൻ അവനുള്ളവൾ എന്നുള്ളത് ഈ ഉത്തമഗീതത്തിൽ പലയിടത്ത് വരുന്നുണ്ട് ആറാം അധ്യായം അതിൻ്റെ ആറാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം മൂന്നാമത്തെ വാക്യം കണ്ടോ ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് പക്ഷേ ഇവിടെ ഒന്ന് തിരിച്ചിട്ടു നിങ്ങൾ ശ്രദ്ധിച്ചോ രണ്ട് വാക്യങ്ങൾ തമ്മിൽ രണ്ട് ഒരുപോലെ തോന്നുന്നെങ്കിലും ഈ രണ്ടാമത്തെ വാക്യം ഒരു തിരിച്ചാണ് പറഞ്ഞേക്കുന്നത് രണ്ടിൻ്റെ പതിനാറ് എന്തായിരുന്നു പറഞ്ഞത് എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ പ്രിയൻ്റെ സ്നേഹം പ്രിയൻ തന്നെ തന്നെ എനിക്കായിട്ട് തരണമെന്നുള്ളതാണ് രണ്ടിൻ്റെ പതിനാറിൽ അവളുടെ ഡിമാൻഡ് നീ എന്നെ നിനക്കായി നീ എന്നെ എനിക്കായിട്ട് തന്നാൽ അതിൻ്റെ പ്രതികരണമായിട്ട് ഞാൻ എന്തോ ചെയ്യാം ഞാൻ എന്നെ തന്നെ സമർപ്പിക്കാം ഇതാണ് രണ്ടിൻ്റെ പതിനാറ് പറയുന്നത് എന്നാൽ ആറിൻ്റെ മൂന്നേ വന്നപ്പോഴോ ആറിൻ്റെ മൂന്നേ വന്നപ്പോൾ അതൊന്ന് തിരിച്ചുവിട്ടു ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ ഞാൻ എൻ്റെ പ്രിയനുള്ളവളാണ് കണ്ടോ അവളാണ് ഒന്നാമത് തന്നെ തന്നെ തൻ്റെ സ്നേഹം നൽകുന്നത് എൻ്റെ പ്രിയൻ എനിക്കുള്ളവനെന്നുള്ളത് രണ്ടാമതാവരുന്ന് ഞാനതിനെ ഇങ്ങനെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവർ ആദ്യത്തേതിൽ നമ്മൾ പറഞ്ഞു ഒരു അവകാശവാദവും ഒരു സമർപ്പണവുമായിരുന്നെങ്കിൽ ആറിൻ്റെ മൂന്നിൽ വരുമ്പം ഒരു സമർപ്പണവും പിന്നാണ് അവകാശം വരുന്നത് കുറച്ച് കഴിയുമ്പോൾ ഈ നമ്മൾ പറഞ്ഞ രണ്ടിൻ്റെ പതിനാറിൽ വരുമ്പം അവൾക്ക് നീ എന്നെ എനിക്കുള്ളവനാണ് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോണം എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കിക്കോണം എൻ്റെ ജോലി നഷ്ടപ്പെടാതിരിക്കണം എനിക്ക് രോഗം വന്നാൽ എൻ്റെ രോഗസൗഖ്യം തരണം കാര്യം നീ ആരാ എനിക്കുള്ളവനാ ഇങ്ങനായിരുന്നു അവളുടെ നിലപാട് പതിനാറാമത്തെ വാക്യത്തിൽ രണ്ടിൻ്റെ പതിനാറ് എന്നാൽ ആറിൻ്റെ മൂന്നേ വന്നപ്പോഴോ ആറിൻ്റെ മൂന്നേ വന്നപ്പം അവളാ ഒന്നാമത് അവളാണ് ഒന്നാമത് ആ സ്നേഹിക്കാനായിട്ട് തന്നെ സമർപ്പിച്ചതായിട്ട് കാണുന്നത് ഞാന് എൻ്റെ പ്രിയനുള്ളവൾ ഞാൻ എന്നെ തന്നെ ഈ രണ്ട് വാക്യങ്ങൾ ചേർത്ത് ചിന്തിക്കുമ്പോൾ ആദ്യത്തേതിൽ ഓ പ്രിയനിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെ തുടർന്ന് ഉള്ള ഒരു പ്രതികരണം പോലെ അവളുടെ സ്നേഹമായിരിക്കുമ്പം ആറിൻ്റെ മൂന്നേം വന്നപ്പം അവളുടെ സ്നേഹം കുറച്ചുകൂടെ ആഴമുള്ളതായി അവൻ തന്നാലും ഇല്ലെങ്കിലും ഞാൻ എന്താ ഞാൻ അവനുള്ളവ ഉള്ളവളാണ് എന്നുള്ള സമർപ്പണമാണ് ഒന്നാമത് വരുന്നത് ഏഴിൻ്റെ ഏഴാമധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിലും ഞാനെൻ്റെ പ്രിയനുള്ളവൾ അവിടെയും തന്നെ തന്നെ അവന് സമർപ്പിക്കുന്നതാണ് ആദ്യം വരുന്നത് എന്നിട്ടാണ് അവൻ്റെ ആഗ്രഹം എന്നോടാകും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്നേഹത്തെക്കുറിച്ച് രാവിലെ ഒന്നല്ലേ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഈ സ്നേഹത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിച്ചു വരുന്നുണ്ടോ അതോ നമ്മൾക്കൊരു ഡിമാൻഡ് വെച്ചുള്ള ഒരു സ്നേഹമാണോ അവൻ എൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ എൻ്റെ പ്രാർത്ഥന കേട്ടാൽ അവൻ തന്നെ തന്നെ എനിക്കായിട്ട് തന്നാൽ ഞാൻ അവനുള്ളവളാകാം ഇങ്ങനെയാണോ തുടങ്ങുന്നത് അവിടെ ആയിരിക്കും ജീവിതം തുടങ്ങുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും മുന്നോട്ട് പോകും തോറും എന്തു വേണം മുന്നോട്ട് പോകും തോറും ദൈവമേ നീ തന്നാലും തന്നില്ലെങ്കിലും നീ കാണിച്ച ആ സ്നേഹത്താൽ എൻ്റെ ഉള്ളം പിടിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ നിനക്കുള്ളവളാണ് എന്നുള്ളൊരു സമർപ്പണമാണ് എപ്പോഴും വരേണ്ടത് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ചില കാര്യങ്ങൾ നീ തന്നില്ലായിരിക്കും ചിലതിനോട് നോന്ന് പറഞ്ഞായിരിക്കും എങ്കിലും ഞാൻ എൻ്റെ പ്രിയനുള്ളവളാണ് എന്നുള്ളത് ഒന്നാമത് ഒന്നാമത് വെക്കുക ഇയ്യോബ് നമുക്കറിയാമല്ലോ അയ്യോബ് പറഞ്ഞു നീ എന്നെ കൊന്നാലും ഞാൻ നിനക്കായിട്ട് കാത്തിരിക്കും അങ്ങനെയാണോ സാധാരണ ആളുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ചുറ്റുപാടുമുള്ള സുശേഷ വിഹിത സഭകളിലൊക്കെയും പലയിടത്തും അവൻ തരും തരും തരും ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും എന്ന് പറയുന്ന പോലെ കോട്ടേ നിനക്ക് കൂടുതൽ കിട്ടും നിൻ്റെ കാര്യമെല്ലാം ശരിയാകും പിള്ളേരുടെ കാര്യം ശരിയാകും എല്ലാം ശരിയാകും കാരണം അവൻ നിന്നെ സ്നേഹിക്കുന്നു അത് ശരിയാണ് ശരിയാണ് പക്ഷേ അവിടെ കൊണ്ട് നിൽക്കരുത് അവിടുന്ന് മുന്നോട്ടു പോയി കർത്താവേ ഈ സ്നേഹത്തെ കണ്ട് ഞാൻ എൻ്റെ സമർപ്പണത്തെ വർദ്ധിച്ചു വരുന്നു നീ ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ ചില രംഗങ്ങളിൽ പെരുമാറിയില്ലെങ്കിലും ഞാൻ നിനക്കുള്ളവളാണ് എന്നുള്ള നമ്മുടെ സമർപ്പണം വർദ്ധിച്ചു വരണം വർദ്ധിച്ചു വരണം ഈ ഇവള് ആ നിലയിൽ ഒരു കാര്യമാണ് ഇവളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിക്കുന്ന ഈ വളർച്ചയെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും അവിടെ ഈ രണ്ടിൻ്റെ രണ്ടിൻ്റെ പതിനാറിൽ നമ്മൾ കണ്ടു എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ ഞാൻ അവനുള്ളവൾ ആറിൻ്റെ മൂന്നിൽ നമ്മൾ കാണുന്നു ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വന്നു ഈ ഒരു വളർച്ച രണ്ടിൻ്റെ പതിനാറിൽ നിന്നൊരു വളർച്ചയാണ് മൂന്നിൻ്റെ ആറിൽ അവൾക്കുണ്ടായത് ഒരു കൂടുതൽ ഒരു സമർപ്പണം ഉണ്ടായി ഇതിന് കാരണം എന്താ ഈ രണ്ടിൻ്റെ പതിനാറിനും ആറിൻ്റെ മൂന്നിനും ഇടയ്ക്ക് വല്ലതും സംഭവിച്ചോ പല കാര്യങ്ങൾ സംഭവിച്ചു നമ്മൾ മൂന്നാമധ്യായമൊക്കെ നോക്കുമ്പോൾ അവളുടെ അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ മൂന്നാമധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം മുതൽ രാത്രി സമയത്ത് ഞാൻ എൻ്റെ കിടക്കയിൽ എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു ഞാൻ അവനെ അന്വേഷിച്ചു കണ്ടില്ല ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ സഞ്ചരിച്ചു വീഥികളിലും വിശാല സ്ഥലങ്ങളിലും എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിക്കുമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ അവനെ അന്വേഷിച്ചു കണ്ടില്ല നഗരത്തിൽ സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു എൻ്റെ പ്രാണപ്രിയനെ കണ്ടോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു ഒടുവിൽ നാലാമത്തെ വാക്യം അവരെ വിട്ടു കുറേ അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ എൻ്റെ പ്രാണപ്രിയനെ കണ്ടു ഞാൻ അവനെ പിടിച്ച് എൻ്റെ അമ്മയുടെ വീട്ടിലേക്കും എന്നെ പ്രസവിച്ചവരുടെ അറകളിലേക്കും കൊണ്ടുവരുന്നതുവരെ അവനെ വിട്ടില്ല നമ്മൾ പറഞ്ഞല്ലോ ഇത് കർത്താവും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്ന ആ പുസ്തകമാണ് ആ പുസ്തകത്തിൽ രണ്ടാമധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ അവൾക്ക് സ്നേഹമുണ്ട് പക്ഷേ ആ സ്നേഹം ആറാമധ്യായത്തിലേക്ക് വന്നപ്പോൾ ആറിൻ്റെ മൂന്നേം വന്നപ്പം വളരെ കൂടുതലായി ഇതിനിടയിൽ ചില കാര്യങ്ങൾ സംഭവിക്കുക എന്താ അവളുടെ ജീവിതത്തിൽ തന്നെ ഈ പ്രിയൻ്റെ സാന്നിധ്യം കുറച്ച് കഴിഞ്ഞപ്പം കാണാതായി രാത്രി സമയത്ത് ഞാൻ എൻ്റെ കിടക്കയിൽ എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു ഞാൻ അവനെ അന്വേഷിച്ചു കണ്ടില്ലതാനും നമ്മൾ ചിലപ്പം ക്രിസ്ത്യ ജീവിതത്തിലെ വളർച്ചയിൽ ഇങ്ങനെ ഒരു അനുഭവം പലപ്പോഴും ഉണ്ടാകുമേ അതായത് ദൈവ നമുക്ക് വളരെ സന്തോഷം നൽകുന്നതാണ് പക്ഷെ കുറച്ച് കഴിയുമ്പം ചിലപ്പം ആദ്യമുള്ളതുപോലെ ഒരു ദൈവ സാന്നിധ്യാനുഭവം നമുക്ക് തോന്നണമെന്നില്ല തോന്നണമെന്നില്ല എന്തോ കർത്താവ് ഇച്ചിരി അകന്ന് നിൽക്കുന്നത് പോലെ ഇവളെ സംബന്ധിച്ച് ഇവൾ പ്രാണപ്രിയൻ്റെ സ്നേഹത്തിലൊക്കെ ഉന്മത്തെയായി അവളങ്ങനെ കഴിയുകയായിരുന്നു അപ്പോഴ് ഇടയ്ക്ക് നോക്കിയപ്പോൾ അവനെ കാണുന്നില്ല കാണുന്നില്ല അവൾ എന്തോ ചെയ്തു അവൾ എഴുന്നേറ്റ് രാത്രി തന്നെ എണ്ണീറ്റ് നഗരത്തിൽ സഞ്ചരിച്ചു പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ സ്നേഹം നമുക്കിത്തിരി അകന്നു പോകുന്ന പോലെ കർത്താവിൻ്റെ സാന്നിധ്യം ഇത്തിരി അകന്ന് നിൽക്കുന്നത് പോലെ നമുക്ക് ചിലപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ തോന്നാം കാരണം ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ വളരെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ജീവിതമാണ് ആ ജീവിതത്തിനിടയിൽ നാളുകൾ കഴിയും തോറും നമുക്ക് ചിലപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം പഴയതുപോലെ നമുക്ക് അനുഭവപ്പെട്ടില്ല എന്ന് വരാം അങ്ങനെ വന്നപ്പം ഇവള് ന കാണിക്കുന്ന മാതൃക എന്താ ഓ പ്രാണപ്രിയനെ അന്വേഷിച്ചു കണ്ടില്ല ആ കണ്ടില്ലേ പോട്ടെ ഞാൻ കിടന്ന് കുറച്ചേരം കൂടെ ഉറങ്ങാം എന്നാണ് അവൾ ചിന്തിച്ചത് അല്ല അല്ല അവനെ അന്വേഷിച്ചു പോയി അവനെ അന്വേഷിച്ചു പോയി നമ്മുടെ ജീവിതത്തിൽ ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു കുറവ് അറിയുമ്പോൾ നമ്മൾ എന്ത് വേണം ഇവളെ പോലെ അന്വേഷിച്ചു പോകണം എവിടെ എവിടെ ദൈവം എന്താ പറ്റിയത് എന്താ പറ്റിയത് എന്തെങ്കിലും എൻ്റെ ഭാഗത്തൊരു വീഴ്ച ഞാൻ ഏതെങ്കിലും നീ പറഞ്ഞത് കേൾക്കാതിരുന്നോ നിൻ്റെ ആത്മാവിനെ ഞാൻ ദുഃഖിപ്പിച്ചോ പരിശുധാത്മാവിനെക്കുറിച്ച് കഴിഞ്ഞൊരു ദിവസം നമ്മൾ പറഞ്ഞായിരുന്നല്ലോ പരിശുദ്ധാത്മാവിനെ നമുക്ക് എന്ത് ചെയ്യാം ദുഃഖിപ്പിക്കാം നമുക്ക് വേണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാം പരിശുദ്ധാത്മാവ് ചിലപ്പോൾ നമ്മളെ വിട്ടുപോകാം അപ്പോൾ നമ്മൾ ഈ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ കുറവ് നമ്മുടെ ജീവിതത്തിൽ പഴയതുപോലെ കർത്താവിൻ്റെ പ്രസൻസ് നമുക്കൊരു സജീവമാകാതിരിക്കുമ്പോൾ നമ്മൾ നമ്മൾ ഇവളെപ്പോലെ എങ്ങനെ അവൻ്റെ സാന്നിധ്യം കിട്ടിയാലേ പറ്റുകയുള്ളൂ എന്നുള്ള മട്ടിലിറങ്ങി രാത്രിയിലാന്ന് ഓർക്കണം ഏ സാധാരണ ഒരു സ്ത്രീ രാത്രിയിലിറങ്ങി വീതിയിലുമൊക്കെ അന്വേഷിച്ച് നടക്കുമോ ഇല്ല അപ്പോൾ അവൾ അവളുടെ സുരക്ഷിതത്വത്തെക്കാളും അവൾ ആഗ്രഹിച്ചെന്താ അവൻ്റെ സാന്നിധ്യം തിരികെ കിട്ടണമെന്ന് പ്രിയപ്പെട്ടവരെ നമുക്കിങ്ങനെ ഒരു ആവലുണ്ടോ എപ്പോഴെങ്കിലും ദൈവ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറഞ്ഞു കണ്ടാൽ അത് കിട്ടുന്നവരെ ഒരു അന്വേഷണം ദൈവം എവിടെയാ എവിടെയാ ഞാൻ എവിടെയാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചത് അല്ലെങ്കിൽ എവിടെയാണ് ഞാൻ അതിനെ ആ നിലയിൽ കുറച്ച് കളഞ്ഞത് എന്ന് അന്വേഷിച്ച് അവൾ അങ്ങനെ ചെന്നപ്പം ഒടുവിലെന്തോ ചെയ്തു ദൈവത്തെ ആ ഹൃദയപൂർവ്വം ദൈവം എന്ത് ചെയ്യും അവരെ മറികടന്ന് പോകുകയില്ല ഇവിടെ ഇതാ നാലാമത്തെ വാക്യത്തിലേക്ക് വന്നപ്പം കുറേ അങ്ങോട്ട് ചെന്നപ്പം എൻ്റെ പ്രാണപ്രിയനെ കിട്ടി കിട്ടി കിട്ടിയപ്പം അവൾ വീണ്ടും അവനോടുള്ള ബന്ധം സജീവമാകുന്നു മൈക്കൽ മോളിനോസ് എന്ന് പറഞ്ഞൊരു ദൈവൃത്യനുണ്ട് മൈക്കൽ മോളിനോസ് അദ്ദേഹം വളരെ മനോഹരമായ ഒരു കാര്യം എഴുതിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു നമ്മളൊരു ചെടി നടുകയാണെന്നിരിക്കണം ചെടി നടുമ്പോൾ ആദ്യം എന്തോ ചെയ്യും ചെടി നടുമ്പോൾ ആദ്യം നമ്മൾ ചെടിക്കെല്ലാം രാവിലെയും വെള്ളം കോരും വൈകുന്നേരവും വെള്ളം കോരും അപ്പം ചെടിയുടെ ചിന്ത എന്താ ആ എനിക്കൊരു യജമാനനുണ്ട് യജമാനൻ എന്തോ ചെയ്യും എനിക്ക് വെള്ളം ആവശ്യമാണെന്ന് കണ്ട് രാവിലെയും എനിക്ക് വെള്ളം തരും വൈകുന്നേരവും വെള്ളം തരും അങ്ങനെ ചെടി പതുക്കെ വേരുകളൊക്കെ ആഴ്ത്തി പതുക്കെ പൂവൊക്കെ ഇട്ട് ഇലകളൊക്കെ വന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പം ഈ യജമാനൻ എന്തോ അറിയാം എന്നും ഇതിനെ ഇങ്ങനെ കൈയുടെ വെള്ളം കൊണ്ട് നടക്കാൻ ഒക്കുകയില്ല ഏഹ് ചിലപ്പോൾ എന്തോ പറ്റും ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ച് ഈ യജമാനൻ ഇതിനെ ഒരു പക്വതയിലേക്ക് നയിക്കാൻ വേണ്ടി ചിലപ്പോൾ എന്തു ചെയ്യും ചിലപ്പോൾ ഒരു നേരം വെള്ളം ഒഴിക്കുകയില്ല ആ ചെടി പേടിക്കു അയ്യോ രാവിലെയും വൈകുന്നേരവും രണ്ടു നേരം വെള്ളം കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇപ്പം എന്താ ഇപ്പം രാവിലെ മാത്രമേ വെള്ളമുള്ളൂ രാവിലെ മാത്രമേ വെള്ളം ഒഴിക്കും വൈകുന്നേരം വെള്ളം ഒഴിക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ യജമാനം പിന്നെ എന്തോ ചെയ്യും യജമാനെ രാവിലെയും ഒഴിക്കുകയില്ല ചെടി പേടിക്കും ചെടി വിചാരിക്കും അയ്യോ എന്താ രാവിലെയും വെള്ളമില്ല വൈകുന്നേരവും വെള്ളമില്ല പണ്ടൊന്നും ഇങ്ങനെ അല്ലായിരുന്നു പണ്ടെനിക്ക് രാവിലെയും വൈകുന്നേരവും വെള്ളം തരുമായിരുന്നു ഇപ്പം വെള്ളം തരുന്നതേയില്ല എന്തും പറഞ്ഞ ആ ചെടി ഭയപ്പെടുമ്പന്നെ ഞാൻ പറഞ്ഞു വന്നതുമായിട്ട് ചേർത്താണ് ചിന്തിക്കുന്നത് പ്രിയപ്പെട്ടവര് നമ്മൾ ക്രിസ്ത്യ ജീവിതം ആരംഭിക്കുമ്പം ആരംഭിക്കുമ്പം ഈ നല്ല യജമാനൻ കർത്താവ് എന്തോ ചെയ്യും നമ്മുടെ കുറവുകൾ നോക്കാതെ ദൈവസാന്നിധ്യത്തിൻ്റെ ആ ജീവജലം നമുക്ക് എപ്പോഴും സജീവമാക്കി നിർത്തും എന്നാൽ കുറച്ച് കഴിയുമ്പോൾ എന്തോ ചെയ്യും കുറച്ച് കഴിയുമ്പോൾ ചിലപ്പം കർത്താവ് തന്നെ ഒന്ന് വിഡ്രോ ചെയ്യും എന്തിനു വേണ്ടിയാ എന്തിനു വേണ്ടിയാ ഇങ്ങനെ വെള്ളം ഒഴിക്കാതിരുന്നാലേ ഈ ചെടിയുടെ വേരുകൾ എന്ത് ചെയ്യുകയുള്ളൂ ആഴത്തിൽ വെള്ളമുള്ള സ്ഥലമന്വേഷിച്ച് ആഴത്തിലേക്ക് പോവുകയുള്ളൂ അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവും യജമാനം വന്ന് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന ചെടിക്ക് സുഖമാണ് ചെടിക്ക് വേരുകൾ ആഴത്തിലേക്ക് പോകണ്ട ആഴത്തിലുള്ള ഭൂമിയുടെ ആഴത്തിലുള്ള വെള്ളത്തിൻ്റെ ഉറവിലേക്ക് ഈ ചെടിയുടെ വേരിന് പോകണ്ട ചെടിയുടെ വേരങ്ങനെ പോയില്ലെങ്കിൽ എന്ത് പറ്റും പോയി അത് അത് ഏറെ ആഴത്തിൽ വേറെ ആഴത്തിൽ നിന്നാലേ നാളെ കൊടുങ്കാറ്റ് വരുമ്പം ഈ ചെടി പിഴുതു വീഴാതിരിക്കുകയുള്ളു അതുകൊണ്ട് മൈക്കൽ മോളിനോസ് പറയുന്നു ചിലപ്പം നമുക്ക് ദൈവം എന്തോ ചെയ്യും നമ്മുടെ ജീവിതത്തിൽ ഊഷരമെന്ന് തോന്നുന്ന ചില സാഹചര്യങ്ങൾ അനുവദിക്കും ദൈവ സാന്നിധ്യമില്ല അയ്യോ ഇവിടെ പോയി അവനെ കാണുന്നില്ല നമ്മുടെ കുറ്റമായിരിക്കുകയില്ല ദൈവം തന്നെ തൻ്റെ സർവജ്ഞതയിൽ നമ്മളെ കൂടുതൽ പക്വതയിലേക്കും വളർച്ചയിലേക്കും നടത്താനുള്ള തൻ്റെ പ്രവർത്തന വിധത്തിൻ്റെ ഭാഗമായിട്ട് ദൈവം തന്നെ അല്പമൊന്ന് വിഡ്രോ ചെയ്തെന്നിരിക്കും ഇവിടെ ഇതാ ഈ യജമ ഈ പ്രാണപ്രിയൻ എങ്ങനെയായിരുന്നു ഇവളൊന്ന് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയപ്പം പ്രാണപ്രിയൻ എന്തോ ചെയ്തു എണ്ണീറ്റ് എങ്ങാണ്ടു പോയി ഇവളെ പുറകെ ചെന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് ഒടുവിൽ നാലാം വാക്യത്തിന് കണ്ടു കണ്ടു അവനെ പിടിച്ചു പിടിച്ചു എന്നാണ് പിടിച്ച് എൻ്റെ അറയിലേക്ക് കൊണ്ടുവന്നു അവനെ വിട്ടില്ല കണ്ടോ ഇപ്പം കുറേ നാളിന് ശേഷം വീണ്ടും കിട്ടിയപ്പോൾ ആ ബന്ധം എന്തായി കൂടുതൽ ഊഷ്മളമായി കൂടുതൽ സജീവമായി സഹോദര എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ചില രംഗങ്ങളിൽ ദൈവസാന്നിധ്യം നമ്മളെ വിട്ടു പോയെന്നുള്ളത് നമ്മൾ കണ്ടെത്തി നമ്മൾ അതിനായിട്ട് വാഞ്ചിച്ച് പ്രാർത്ഥിച്ച് വീണ്ടും അത് സജീവമാകുമ്പം അത് കൂടുതൽ അടുത്ത ഒരു ബന്ധമാണ് ഇങ്ങനെ കർത്താവിനെ രുചിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ അല്ലെങ്കിൽ വെറും ഒരു തിയറി ആയിട്ട് കർത്താവിനെ നാളെ തോറും രൂപിച്ചെറിയ മനോഹരമായ പാട്ടുമൊക്കെ പാടി എന്തായത് എന്താ വാട്ട് ഈസ് ഇറ്റ് എന്തായത് പ്രായ പ്രായോഗിക ജീവിതത്തോട് ബന്ധപ്പെടുത്തി വേണം നമ്മൾ ഈ കാര്യങ്ങളെ മനസ്സിലാക്കുക ചിലപ്പോൾ ചിലപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട കാലത്തുള്ളതുപോലെ അല്ലെങ്കിൽ പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ച കാലത്തുള്ളതുപോലെ ഒരു സജീവത നമുക്ക് തോന്നണമെന്നില്ല അപ്പോൾ നമ്മൾ എന്ത് വേണം കർത്താവി എൻ്റെ കുറവാണോ ചിലപ്പോൾ അങ്ങനെ വരാം ചിലപ്പോൾ നമ്മുടെ കുറവുകളൊന്നും ആയിരിക്കേയില്ല കർത്താവ് തന്നെ ഒന്ന് വിഡ്രോ ചെയ്യുക പക്ഷേ ആ നീ വിഡ്രോ ചെയ്തോ എന്നാന്ന് ഞാൻ ഞാനും വരുന്നില്ല എന്നാണോ വേണ്ടത് അല്ല അല്ല അല്ല ഇവളുടെ ഇവൾ കാണിച്ച ഈ മാതൃകയില്ലേ അവളെന്തോ ചെയ്തു രാത്രിയിൽ എണ്ണിറ്റു അവൻ്റെ അസാന്നിധ്യം മനസ്സിലാക്കിയപ്പം തൻ്റെ സുരക്ഷിതത്വം നോക്കാതെ വഴിയിലിവിടെ നടന്നു വഴി ചെന്നപ്പോൾ അവിടുത്തെ വീതിയും വിശാല സ്ഥലവും വല്ലതും അവളെ അവളെ മോഹിപ്പിക്കുന്നു ഇല്ല ഇല്ല സത്യത്തിൽ പ്രാണപ്രിയനില്ലാത്ത വിശാലസ്ഥലവും വീതിയും ശൂന്യമല്ലേ നമ്മൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കാം നമ്മൾ ചിലപ്പം ദൈവസാന്നിധ്യമില്ലെങ്കിൽ നമ്മൾ ആ നമുക്ക് വലിയ ഫ്രൈ എന്തോ ഇവിടെ ആളുകൾക്ക് താല്പര്യമുള്ളെനിക്കറിഞ്ഞൂടെ ഏഹ് കുഞ്ഞുങ്ങളുടെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ ഏ നമ്മളവിടെ ചെല്ലുമ്പോൾ ഫ്രൈഡ് റൈസും ചിക്കനും ഐസ്ക്രീമും ഒക്കെയാണ് കൊണ്ട് വെച്ചേക്കുന്നത് പക്ഷേ എന്താ കഴിക്കാത്തത് ഓ നമുക്ക് ഈ വിശാല സ്ഥലവും വീതിയും ഒക്കെ ഒരു കാലത്ത് പ്രിയമായിരുന്നു ഇപ്പോഴെന്താ ഇപ്പം നമ്മൾ വേറൊരു കാര്യത്താൽ പിടിക്കപ്പെട്ടവരെ ഞാൻ ഈ പറയുന്ന ഗ്രീക്കോ ലാറ്റിനോ ഒക്കെ പോലെയാണോ നിങ്ങൾക്ക് തോന്നുന്നത് ഈ വഴിയിൽ വളർച്ച ഉള്ളവർക്കിത് മനസ്സിലാകും എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ഒരു കാലത്ത് പ്രിയപ്പെട്ട ചില കാര്യങ്ങളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുവരിക അവിടെയൊക്കെ വാ കഴിക്കുക ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നു അല്ലെങ്കിൽ നമ്മളെ പ്രശംസിച്ച് പറയുന്നു നമ്മുടെ ചിന്ത അത് ഈ വീതിയും വിശാല സ്ഥലമൊക്കെ പ്രിയൻ്റെ അസാന്നിധ്യം കൊണ്ട് എനിക്കൊരു മരുഭൂമി പോലാ തോന്നുന്നു എനിക്കൊരു ശൂന്യസ്ഥലം പോലാ തോന്നുന്നു എനിക്കെന്ത് മതി എൻ്റെ പ്രിയനെ മതി കർത്താവേ നിൻ്റെ സാന്നിധ്യം എനിക്ക് കൂടുതൽ സജീവമായ മതി അതുണ്ടെങ്കിൽ അതില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എന്തിനാ എന്തിനാ അങ്ങനൊരു അനുഭവത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകണം ഇതാണ് ക്രിസ്ത്യൻ ജീവിതത്തിലെ വളർച്ച ഞാനിങ്ങനെ വാക്കുകളെ അവസാനിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മളൊരു ഒരു ഒരു ഈ വഴിയിൽ പോയ ഒരു സഹോദരിയെ നമ്മൾ കാണുന്നുണ്ട് യോഹനാൻ്റെ സുവിശേഷം യോഹനാൻ്റെ സുവിശേഷം ഇരുപതാമത്തെ അധ്യായം ഇരുപതാമത്തെ അധ്യായത്തിൻ്റെ പത്ത് പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുഞ്ഞുനോക്കി ഏഹ് രണ്ട് ദൂതന്മാർ ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നതുകൊണ്ട് അവർ അവളോട് സ്ത്രീയെ നീ കരയുന്നത് എന്തെന്ന് ചോദിച്ചു ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ പത്തൊൻപതാം വാക്യം പത്തൊൻപതാം വാക്യം ഇത് പറഞ്ഞിട്ട് അവൾ പിന്നാക്കം തിരിഞ്ഞു പിന്നാക്കം തിരിഞ്ഞു യേശു തന്നെ രണ്ടാമതീ വന്നേക്കുന്നത് പത്തൊമ്പതാം വാക്യത്തീ വരുമ്പം നേരത്തെ രണ്ട് ദൂതന്മാരായിരുന്നു അവരാണ് സ്ത്രീയെ നീ കരയുന്നത് എന്തെന്ന് ചോദിച്ചത് പക്ഷേ ഈ പത്തൊൻപതാം വാക്യത്തിൽ യേശു തന്നെ അവളോട് സ്ത്രീയെ നീ കരയുന്നതെന്ത് ആരെ തിരയുന്നു എന്ന് ചോദിക്കും അവൻ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചിട്ട് അവൾ എന്താ പറയുന്നത് അവൾ പറയുന്നു യജമാനെ നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാൻ ഞാൻ എപ്പോഴും ഈ ഭാഗം വായിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് മറിയാം നമുക്കറിയാം ഈ ഈ മഗ്ന മറിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് എന്തേ ഉള്ളൂ അവൾക്ക് കർത്താവിനോടുള്ള സ്നേഹം അതിന് അത്രയും സ്നേഹം മറ്റു പലർക്കുമില്ല കർത്താവ് ഒരിക്കൽ ഒടുവിൽ ക്രൂശിക്കപ്പെട്ടു കർത്താവ് ഒരു ഒടുവിൽ എന്ത് ചെയ്യപ്പെട്ടു കല്ലറയിൽ അടക്കപ്പെട്ടു ഇനി തിരിച്ചു വരുമെന്ന് ലോകത്താർക്കും പ്രതീക്ഷയില്ല കർത്താവ് നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എന്നാൽ ഒരു പക്ഷേ മഗ്ന ശിഷ്യന്മാരോട് പറഞ്ഞ ആ കാര്യം മഗ്നാലക്കാര്യത്തേക്ക് മറിയാക്കി അറിഞ്ഞുകൂടായിരിക്കും അറിയാമെങ്കിൽ തന്നെ അവൾക്കത് വേണ്ടതുപോലെ മനസ്സിലായി കാണുകയില്ല എങ്കിലും അവളൊരു കടപ്പാട് പോലെ എല്ലാ ദിവസവും എന്തോ ചെയ്യും കർത്താവ് മരിച്ച അന്ന് മുതൽ ചെന്ന് കല്ലറയ്ക്കെ ചെന്ന് കുറച്ച് നേരം ഏഹ് അവിടെ ചെയ്യേണ്ടി വല്ല ശുശ്രൂഷകളുണ്ട് ചെയ്തേച്ചൊക്കെ പോരും അങ്ങനെ ചെയ്ത് ചെയ്ത് ഒന്നാം ദിവസം രണ്ടാം ദിവസം മൂന്നാം ദിവസം മൂന്നാം ദിവസം കർത്താവ് ഉയർക്കുന്ന ദിവസം ഉയർക്കുന്ന ദിവസവും ഇത് ഉയർപ്പിൻ്റെ ദിവസമാണെന്നൊന്നും അറിയാതെ അവൾ അവിടെ ചെന്നു അവിടെ ചെന്നപ്പം അവൾ കല്ലറേ നോക്കിയപ്പോൾ എന്താ കർത്താവിൻ്റെ ഡെഡ് ബോഡി പോലും കാണാനില്ല മറ്റേ ആണെങ്കിൽ അവിടെ ശീലകൾ ചുറ്റി ആ രൂപം കാണുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തോ ഇല്ല അതുമില്ല അപ്പോൾ അവൾ വിചാരിച്ചു ഇത് വലിയൊരു എടുത്തോണ്ട് മോഷ്ടിച്ചോണ്ടോ വലിയ പോയോ എന്നെ പറ്റി അവളുടെ സ്നേഹം കണ്ടോ അവൾ കരഞ്ഞോണ്ട് നിൽക്കുക കരഞ്ഞോണ്ട് നിൽക്കുക കരഞ്ഞോണ്ട് നിൽക്കുമ്പം കർത്താവ് തന്നെ വന്നിട്ട് പറഞ്ഞു എന്തോ പറഞ്ഞു സ്ത്രീയെ നീ കരയുന്നത് എന്ത് ആരെ തിരയുന്നു എന്ന് ചോദിച്ചു ഉടനെ അവൾ പറയുന്നു യജമാനെ അവൾ തോ ഈ ചോദിച്ച തോട്ടക്കാരനാണെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു നീ എട് എടുത്തോ കൊണ്ടുവച്ചത് ഈ കല്ലറയുന്ന എവിടാ കൊണ്ടുവെച്ചത് എന്നെ ആ ഡെഡ് ബോഡി ഒന്ന് കാണിക്കുക ഞാൻ എന്തോ ചെയ്തോളാം ഞാൻ ആ ഡെഡ് ബോഡിയെടുത്തോണ്ട് പൊക്കോളാം എന്തോ ഈ പറയുന്നത് ഒരു സ്ത്രീ പറയുക സ്ത്രീ പറയുക അവൾ ഈ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പൊക്കോളാം എന്ന് പറയുക കണ്ടോ സ്നേഹം പലപ്പോഴും അന്ധമാണ് സ്നേഹം അന്ധമാണ് കല്ലറ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ആളുകളുടെ ഒരു പേടി സ്വപ്നമാണ് കല്ലറയിലൊരു സ്ത്രീ അതും ഇരുട്ടുള്ളപ്പം ചെന്ന് നിൽക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ അവനോടുള്ള അവളുടെ സ്നേഹം അവൾക്കത് മറ്റു പേടികളെല്ലാം മാറ്റി എങ്ങനെ അവനെ കാണണം അവനെ കാണണം അവൻ്റെ ഡെഡ് ബോഡി കണ്ടാലും മതി ഇത്തവണ വന്നപ്പോൾ ഡെഡ് ബോഡിയും ഇല്ല ഉടനെ ഇതെടുത്തോ തോട്ടക്കാരൻ്റെ എടുത്ത് മാറ്റി വെച്ചെന്ന് പറഞ്ഞ് തോട്ടക്കാരെന്ന് വിചാരിച്ച് പറയുക ഞാനേ ഞാനെടുത്തുകൊണ്ട് പോക്കോളാം ഇവളീ ഒറ്റ ഒരു മുപ്പത് മുപ്പത്തിമൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ ശരീരം എടുത്തുകൊണ്ട് എങ്ങനെ പോകും പറയുന്നതിന് എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ ഏ പ്രിയപ്പെട്ടവരെ നമ്മളെപ്പോലുള്ള ആളുകളാണേ അവളെ ഇരുത്തി ഒരു ക്ലാസ് എടുക്കും സ്ത്രീയെ നീ എന്തായി പറയുന്നത് ഏഹ് ഈ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് ഇത്ര ഇത്ര കിലോ ഭാരം കാണും നിനക്കെത്ര ഭാരമുണ്ട് നീ അവനെ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു പോട്ടെ എടുത്തുകൊണ്ട് പോയാൽ തന്നെ ഒരു ഡെഡ് ബോഡിയല്ലേ നീ എവിടെ കൊണ്ടുവന്ന് വെക്കും നീ ഇതെടുത്തോണ്ട് ലോജിക്ക് നമ്മുടെ ലോജിക്കിന് ചേരുന്ന ഒരു കാര്യമല്ല സ്നേഹം ഉള്ള സ്ഥലത്ത് എന്തില്ല ലോജിക്കില്ല ലോജിക്കില്ല പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഇതിന് ഇറങ്ങിയ സമയം ഓർക്കുക അന്ന് നമ്മുടെ വീട്ടുകാരൊക്കെ ചോദിച്ചില്ലേ നീ ഇതിനൊക്കെ ഇറങ്ങിപ്പോയി നിൻ്റെ പിള്ളേരുടെ കല്യാണം കൂടെ നടക്കും നിൻ്റെ കാര്യം എങ്ങനെ ആകും അങ്ങനെ എങ്ങനെയാന്നൊക്കെ ചോദിച്ചില്ലേ അതിന് നമുക്ക് ലോജിക്കലായ ഒരു മറുപടി ഉണ്ടോ ഇല്ല ലോജിക്കലായ ഒരു മറുപടി ഇല്ല അവർ പറയുന്നതൊക്കെ ശരിയാണ് ശരിയല്ലേ പക്ഷേ ആ ലോജിക്കിനെ കവിയുന്ന ഒരു സ്നേഹം കർത്താവിനോട് ഉണ്ടായിരുന്നതുകൊണ്ടാണ് അന്ന് നമുക്ക് ആ തീരുമാനമെടുക്കാൻ പറ്റിയത് ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു കർത്താവ് നമ്മളെ ഓ തൻ്റെ മുഖത്തേക്ക് നോക്കി ആരെയും ലജ്ജിപ്പിക്കാത്ത കർത്താവ് നമ്മളെ ഇത്രയും നടത്തി ഇന്ന് സഹോദര സഹോദരി നമ്മുടെ സ്നേഹം എങ്ങനെ ഇരിക്കുന്നു അവനോടുള്ള സ്നേഹം മക്കളെ മറിയേക്ക് അവൾ ഇപ്പോഴും അവനെ സ്നേഹിക്കുന്നു ഞാൻ എടുത്തുകൊണ്ട് പോക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ കർത്താവ് പറഞ്ഞു തിരിഞ്ഞ് ഒരൊറ്റ വാക്ക് റബു മറിയേ എന്ന് പറഞ്ഞു ഈ വാക്കങ്ങണ്ട് കേട്ടിട്ടുണ്ടല്ലോ പെട്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു റബുനി എന്ന് പറഞ്ഞു വളരെ മനോഹരമായ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം കർത്താവിനോടുള്ള ഒരു സ്നേഹബന്ധമാണിത് സ്നേഹബന്ധമായത് ഈ സ്നേഹം നഷ്ടപ്പെട്ടു പോയാൽ നമുക്കിതെല്ലാം ഒരു ചടങ്ങും ഒക്കെയായി മാറും അതുകൊണ്ട് സ്നേഹം നഷ്ടപ്പെടല്ലേ സ്നേഹം നഷ്ടപ്പെടരുത് നമ്മളെന്ത് വേണം സ്നേഹത്തിൽ വർധിച്ചു വരണം ആദ്യം എൻ്റെ പ്രിയൻ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളിടത്ത് ആ പക്ഷേ നാളുകൾ കഴിയും തോറും നമ്മളെന്ത് വേണം ഈ നിലയിലുള്ള അകൽച്ചകൾ കൊണ്ട് ഓ ഞാൻ പറഞ്ഞത് ഉത്തമഗീതം രണ്ടിൻ്റെ പതിനാറിനും ആറിൻ്റെ പതിമൂന്നിനും ഇടയ്ക്കൊരു കാര്യം സംഭവിച്ചു എന്താ സംഭവിച്ചത് ഈ നിലയിൽ അവനെ കാണാതെ പോയി ഇവള് തെരഞ്ഞു ചെന്നു വീണ്ടും ആ ബന്ധം ഊഷ്മളവും ശക്തവുമായി അതുകൊണ്ട് ആറ് പതിമൂന്ന് വന്നപ്പം അവളുടെ നിലപാട് മാറി ഞാന് ഒന്നാമത് ഞാൻ നിനക്കുള്ളവൾ തിരിച്ചു പറയുക തിരിച്ചു പറയുക അങ്ങനെ ഇത് ഈ ബന്ധം ശക്തിപ്പെടുകയുള്ളു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഈ ബന്ധം ശക്തിപ്പെട്ടു ഓ നമ്മുടെ ആ നമ്മളെ ഇംഗ്ലീഷിൽ ആ പാട്ട് പാടുമ്പോൾ മറിയയുടെ ആ പാട്ട് പാ ആ പാട്ട് പാടുമ്പോൾ ഒരു ഒരു വരി എങ്ങനെയുണ്ട് യു ടേക്ക് ദ ഹോൾ വേൾഡ് ഗിവ് മീ മൈ സേവ് യു ടേക്ക് ദോൾ വേൾ Give me my savior. You take the whole world. Give me my savior. No turning back. No turning back. You can't see anything. You can't see anything. He's not going to come to the end of the day. We are going to come to the end of the day. We are going to say, You are going to come to the end of the day. ഒരു സമർപ്പണത്തിൻ്റെ പാട്ടാണല്ലോ നമ്മൾ പലപ്പോഴും പാടാറുള്ള ഒരു പാട്ടാണ് യു ടേക്ക് ദ ഹോൾ വേൾഡ് അവൾ പറയുക നീ ഈ ലോകം മുഴുവൻ എടുത്തു എൻ്റെ രക്ഷകനെ എനിക്ക് തിരിച്ചു തന്നേരും തോട്ടക്കാരനോട് പറയുന്ന അതേ കാര്യം നീ എന്തോ വേണം ചെയ്തു എനിക്കെന്തോ മതി എൻ്റെ രക്ഷകൻ്റെ ബോഡി മതി യു ടേക്ക് ദ ഹോൾ വേൾഡ് ഗിവ് മീ മൈ സേവ്യ യു ടേക്ക് ദ ഹോൾ വേൾഡ് Give me my Savior. You take the whole world. Give me my Savior. No turning back. No turning back. No turning back. No turning back. Let's begin no with the prayer of our prayer. We are going through the prayer of our prayer. അത് ആ സ്നേഹബന്ധം അത് വർദ്ധിപ്പിച്ചു തരണേ കർത്താവ് ഇല്ലെങ്കിൽ ഇതൊക്കെ ഞങ്ങൾക്കൊരു ചടങ്ങും ഒരു വിരസമായ പരിപാടികളുമായി പോകും കർത്താവേ ഞങ്ങൾക്കത് സംഭവിക്കരുത് നാൾ കഴിയും തോറും നിൻ്റെ സ്നേഹത്തെ കൂടുതൽ കാണാനും എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ എന്നുള്ളത് കൂടുതൽ അക്നോളജ് ചെയ്യാനും ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ എന്നത് കൂടുതൽ അക്നോളജ് ചെയ്യാനും അത് കൂടുതൽ കൂടുതൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് കർത്താവേ നീയെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ആ നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ മറുപടി തന്നില്ലെങ്കിലും ഞാൻ നിന്നെ വിട്ടു പോകേയില്ല എന്നുള്ള നിലയിൽ കൂടുതൽ കൂടുതൽ ഒരു സമർപ്പണത്തിലേക്ക് സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് ഞങ്ങളെ ഒക്കെ നയിക്കണേ കർത്താവേ ഹാലലുയ്യ ഹാലുയ്യ കർത്താവേ ഈ ഇതിന് ഈ ലോകം മുഴുവൻ നിങ്ങളെടുത്തോ എൻ്റെ കർത്താവിനെ എനിക്ക് തന്നാൽ മതി എന്നുള്ള നിലയിൽ ആ മറിയുടെ സ്നേഹം പോലെ കർത്താവേ ഞങ്ങളുടെ സ്നേഹത്തെ വർദ്ധിപ്പിച്ച് തരണേ കർത്താവേ ഇനി ഒരു മടങ്ങിപ്പോക്കില്ല ഒരു പിന്നോക്കം പോക്കില്ല കർത്താവേ ഞങ്ങൾ ഞങ്ങളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ഈ സ്നേഹത്തിൽ സമർപ്പിക്കുന്നു നിൻ്റെ സ്നേഹം ഞങ്ങളെ തേടി വന്നു ഞങ്ങൾക്കെല്ലാം തന്നു എല്ലാം സൗജന്യമായിട്ട് തന്നു ആ സ്നേഹത്തോടുള്ള ഒരു പ്രതിസ്പന്ദനമായിട്ട് കർത്താവ് ഞങ്ങളുടെ നാളുകൾ തീരട്ടെ ഞങ്ങളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ